ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിലേക്കാണല്ലോ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് പത്താം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങൾ ഒന്നു മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കുന്നതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത് നമ്മളെ സുവിശേഷങ്ങളിൽ ഇവിടെ മാത്രമാണ് കർത്താവ് എഴുപത് പേരെ അയക്കുന്നതായിട്ട് നമ്മളെ വായിക്കുന്നത് ചില ആദ്യകാല ചില കയ്യെഴുത്ത് പ്രതികളിൽ എഴുപത്തിരണ്ട് പേര് എന്നും കാണുന്നുണ്ട് ഏതായാലും എഴുപതാകട്ടെ എഴുപത്തിരണ്ട് പേരാകട്ടെ ഇവരെ അയക്കുന്നതായിട്ട് ഇത്രയും ശിഷ്യന്മാരെ ഒന്നിച്ച് ഈ രണ്ടായിട്ട് അയക്കുന്നതായിട്ട് ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ മാത്രമാണ് കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പന്ത്രണ്ട് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നതായിട്ട് ഇതേ ഈ നിലയിൽ അവരെ അയക്കുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലും ആറാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവിടെയും പന്ത്രണ്ട് പേരെയാണ് അയക്കുന്നത് നമ്മൾ ഇവിടെ വായിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഇപ്പോഴെ ചിന്തിക്കുന്ന പത്താം അധ്യായത്തിൻ്റെ തലേ അധ്യായത്തിൽ ലൂക്കോസ് ഒമ്പതിൽ അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടു അവിടെയും കർത്താവ് പന്ത്രണ്ട് പേരെയാണ് അയക്കുന്നത് അപ്പോൾ നോക്കുക മത്തായി പത്തിൽ മർക്കോസ് ആറില് ലൂക്കോസ് ഒമ്പതിൽ ഒക്കെ പന്ത്രണ്ട് ശിഷ്യന്മാരെയാണ് പല സ്ഥലങ്ങളിലേക്ക് അയക്കുന്നത് പക്ഷെ ഇവിടെ മാത്രം ലൂക്കോസ് പത്താം അധ്യായത്തെ മാത്രം എഴുപത് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ എഴുപത് ശിഷ്യന്മാരെ അവരെ അയക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊന്നും അവർ എഴുപത് പേര് ആരൊക്കെയായിരുന്നു ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമുക്ക് നമുക്കൊന്ന് നോക്കാം നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിലും നമുക്ക് ഈ ഇവിടെ കർത്താവ് എഴുപത് പേരെ അയക്കുമ്പോൾ കൊടുക്കുന്ന ഈ പ്രമാണങ്ങൾ നമുക്കും പ്രസക്തമായിരിക്കും നമുക്കും അത് പ്രയോജനമായിരിക്കും ഒന്നാമത് ഒന്നാമത്തെ വാക്യത്തിൽ പത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ അവിടുന്ന് ഈ രണ്ടായിട്ട് ഈ രണ്ടായിട്ട് ആണ് ഇവരെ അയക്കുന്നത് രണ്ട് പേരെ വീതം അയച്ചു അതായത് നമ്മൾ രണ്ട് കോരിന്തേർ പതിമൂന്നിൻ്റെ ഒന്നാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാം അപ്പോൾ ഒറ്റയ്ക്ക് വിടുന്നതിനേക്കാൾ രണ്ടു പേര് പോകുമ്പം അതായിരിക്കും നല്ലത് ബൈബിളിലെ പല ഭാഗങ്ങളിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട് സഭാപ്രസംഗി നാലാം അധ്യായത്തിൻ്റെ ഒൻപത് പന്ത്രണ്ട് വാക്യങ്ങൾ ഒക്കെ നോക്കുക അവിടെ ഒക്കെയും നമ്മൾ കാണുന്നത് രണ്ടുപേരും ഒന്നിച്ചു പോയാൽ അവർക്ക് പരീക്ഷയുടെ ഘട്ടത്തിൽ ഒന്നിച്ച് നിൽക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഒരാൾ വീണാൽ മറ്റേയാളെ മറ്റേയാൾക്ക് സഹായിപ്പാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഒരാളുടെ ബലഹീനതയിൽ മറ്റേയാൾക്ക് സഹതപിക്കാനും അയാളുടെ ഭാരം കൂടെ വഹിക്കാനുമൊക്കെ റോമർ പതിനഞ്ചിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ നമ്മൾ കാണുന്നു അതുപോലെ പ്രാർത്ഥനയ്ക്കാണെങ്കിലും രണ്ട് പേർക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും മത്തായി പതിനെട്ടോ പത്തൊൻപതാമത്തെ വാക്യം അതുപോലെ തന്നെ നമ്മൾ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ആ കാര്യം അതിൻ്റെ ഒരു ഉറപ്പിനും ഒന്നിലേറെ പേരാണ് നല്ലത് എന്ന ആവർത്തന പുസ്തകം പതിനേഴിൻ്റെ ആറിൽ പത്തൊൻപതിൻ്റെ പതിനഞ്ചിൽ അതുപോലെ മത്തായി പതിനെട്ടിൻ്റെ പതിനാറിൽ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ചുരുക്കത്തിൽ നമ്മളൊരു ഈ രണ്ട് പേരായിട്ട് അയയ്ക്കുന്നതിന് ഒരു നാലഞ്ച് കാരണങ്ങളാണ് പറഞ്ഞത് അന്യോന്യം പരീക്ഷയുടെ ഘട്ടത്തിൽ അവർക്ക് സഹായിപ്പാനായിട്ട് കഴിയും ഒരാൾ വീണാൽ മറ്റേയാൾക്ക് എഴുന്നേൽപ്പിക്കാനായിട്ട് കഴിയും ബലഹീനതയുടെ സമയത്ത് മറ്റേ ആൾക്കൂടെ ആ ഭാരം വഹിക്കാനായിട്ട് കഴിയും പ്രാർത്ഥന രണ്ടുപേരും ഒന്നിച്ചായിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പ്രസംഗിക്കുന്ന ആ സന്ദേശം അല്ലെങ്കിൽ ആ സുവിശേഷ സന്ദേശത്തിൻ്റെ ഉറപ്പിനും രണ്ട് പേരാണ് നല്ലത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ നിലയിൽ ഈ രണ്ട് പേരെ അയക്കുന്നതിന് ബൈബിളിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഈ നിലയിലുള്ള ചില കാരണങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും നമ്മളിവിടെ നോക്കുക അവിടെ അതിൻ്റെ നമുക്ക് വളരെ വേഗത്തിൽ പോകാം അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് പത്തിൻ്റെ രണ്ടില് അവിടെ കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരി ചുരുക്കമാണ് അതുകൊണ്ട് കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിനപേക്ഷിപ്പീൻ പോകുവീൻ രണ്ട് പ്രയോഗങ്ങൾ നമ്മൾ കാണുന്നു ഒന്ന് അപേക്ഷിക്കണം കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിനെ അപേക്ഷിക്കണം അതുപോലെ തന്നെ പോകുകയും വേണം നമ്മളൊന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ട് ദൈവം നമ്മളോട് കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞാൽ നമ്മൾ അതിനായിട്ട് പോവുകയും ഈ രണ്ട് കാര്യം അപേക്ഷിപ്പീൻ പോകുകയും ഈ രണ്ട് കാര്യങ്ങളും അവിടെ നിന്നെടുക്കാം അടുത്തത് മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ചെന്നായ്ക്കളുടെ നടുവിൽ പ്രതിരോധിക്കാനായിട്ട് ശക്തരല്ലാത്ത കുഞ്ഞാടുകളെ പോലെയാണ് നമ്മളെ അയയ്ക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസികളെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് നമുക്ക് ഈ ലോകം ഒരു വലിയ ഒരു അംഗീകാരവും രാജകീയമായ ഒരു വരവേൽപ്പും നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറിച്ച് ഉപദ്രവവും പീഡയും മാത്രമേ നമുക്കുണ്ടാകുകയുള്ളൂ പക്ഷെ ആ ഉപദ്രവത്തിൻ്റെയും പീഡയുടെയും സമയത്ത് നമുക്ക് അനുകരിക്കാൻ ഒരാളുണ്ട് അത് ആരാണ് പീഡനത്തിന് മുൻപായ വായ് തുറക്കാതിരുന്ന കുഞ്ഞാടായ കർത്താവാണ് കർത്താവിനെ പോലെ ഇതാ ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ആണ് നമ്മളെ അയക്കുന്നത് അപ്പോൾ കർത്താവാണ് അവിടെ നമുക്ക് മാതൃക പീഡനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അടുത്തത് അതിൻ്റെ നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത് ഇത് നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ ഒരു സുഖലോലുപത ലഭിക്കുമെന്ന് കരുതരുത് സഞ്ചി എന്ന് പറയുന്നത് പണത്തിൻ്റെ കരുതലിനെ കാണിക്കുന്നതാണ് പൊക്കണമെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ആഹാരം കൂടുതലുണ്ടെങ്കിൽ അത് പൊക്കണത്തിൽ കൊണ്ട് നടക്കും അപ്പം പൊക്കണം ആഹാരത്തിൻ്റെ കരുതലിനെ കാണിക്കുന്നു ചെരുപ്പെന്ന് പറയുന്നത് യാത്രയ്ക്കുള്ള സുരക്ഷിതത്വത്തെ കാണിക്കുന്നു ഇങ്ങനെയുള്ളതൊന്നും വേണ്ട മറിച്ച് എന്തു ദൈവത്തിലുള്ള ഒരു ആശ്രയത്വത്തോടെ സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത് എന്ന് നാലാമത്തെ വാക്യം പറയുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഒരളവിലൊരു തരത്തിൽ ദരിദ്രരായിട്ട് പോകുമ്പോഴും രണ്ട് കോരിൻ്റെ റാറിൻ്റെ പത്ത് നോക്കുക അന്നത്തെ ആ വിശ്വാസികളെ പൗലോസ് പറയുന്നു അവർ ദരിദ്രരാണ് എങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ കാരണം അവരുടെ കയ്യിലുള്ള ആ സുവിശേഷ സന്ദേശം അനേകരെ യഥാർത്ഥ സമ്പന്നതയിലേക്ക് കൊണ്ടുവന്നവരാണ് അവര് അവർക്കായിട്ട് ആ നിലയില് വലിയ സുഖലോലുപതയോ അല്ലെങ്കിൽ കരിദലോ എടുക്കേണ്ടതില്ല എന്നാണ് അവിടെ നമ്മൾ കാണുന്നത് അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നു അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ തന്നെ വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യരുത് അന്നൊക്കെ ഈ കിഴക്കൻ രാജ്യങ്ങളിൽ ഇസ്രായേൽ രാജ്യങ്ങളിലൊക്കെ തമ്മിൽ കണ്ടാൽ നിന്ന് വന്ദനം പറയുന്നത് വളരെ ആചാരപരമായ ഒരു രീതിയായിരുന്നു വളരെ സമയം അതിന് നഷ്ടപ്പെടും നമ്മളെ പ്രിയപ്പെട്ടവരെ ഇന്നും ലോകത്ത് വളരെ ആചാരപരമായ പല രീതികളുണ്ട് പലതിന് വിളിക്കുക പലതിന് ക്ഷണിക്കുക പലതും എന്നാൽ ഇവിടെ എന്താ പറയുന്നത് നമ്മൾ ആ നിലയിൽ സമയം ചെലവഴിക്കാനായിട്ട് പാടില്ല കാര്യം വലിയൊരു ദൗത്യം നമുക്കുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അതിൻ്റെ അഞ്ച് ആറ് തുടങ്ങിയ വാക്യങ്ങളിൽ എവിടെ ചെന്നാലും നമുക്ക് ലഭിക്കുന്ന ആ നിലയിലുള്ള താമസം ഏത് വീടാണോ അത് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഭക്ഷണം എന്താണോ അത് എന്നല്ലാതെ ആ കാര്യത്തിൽ നമ്മളൊരു തെരഞ്ഞെടുപ്പിന് പോകണ്ട ദൈവം തന്നെ നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ ക്രമീകരിച്ചോളും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ പത്ത് പന്ത്രണ്ട് വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഇതാ പറയുന്നു ദൈവവചനത്തെ നമ്മൾ പറയുന്ന ഈ സന്ദേശത്തെ വ്യക്തികൾ സ്വീകരിക്കും വ്യക്തികൾ ചിലർ നിരസിക്കും അതുപോലെ തന്നെ ചില പട്ടണങ്ങൾ ഇതിനെ സ്വീകരിക്കും ചില പട്ടണങ്ങൾ ഇതിനെ നിരസിക്കും ചില പട്ടണങ്ങൾ കർത്താവിൻ്റെ കാലത്ത് കർത്താവിനെ നിരസിച്ചു കർത്താവ് പറയുന്നുണ്ട് അതിൻ്റെ പതിമൂന്നോ പതിനാലോ വാക്യങ്ങൾ ബേസയിലും കോരസീനിലും താൻ ചെയ്ത അടയാളങ്ങൾ അതിനെ പക്ഷെ അവർ സ്വീകരിച്ചില്ല അതുകൊണ്ട് എന്ത് പറ്റി ഇന്നിപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഭൂപടം നോക്കുമ്പോൾ ഈ ബേസൈലും കോരസീനും എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ള കർത്താവിനെ നിരസിച്ച ഈ പട്ടണങ്ങൾ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ ഒക്കാതെ ഒക്കാത്ത വിധം അതിനൊരു ന്യായവിധി നടന്നിരിക്കുക പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പത്തിൻ്റെ ലൂക്കോസ് പത്തിൻ്റെ പതിനാറില് എഴുപത് പേർക്ക് കർത്താവ് നൽകുന്ന ഉപദേശം അത് അവസാനിപ്പിക്കുന്നത് നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു അതുപോലെ തന്നെ നിങ്ങളെ നിരസിക്കുന്നവർ എന്നെയാണ് നിരസിക്കുന്നത് എന്നുള്ള നിലയിൽ നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവർ എൻ്റെ വാക്ക് കൈക്കൊള്ളുന്നു നിങ്ങളെ തള്ളുന്നവർ എന്നെ തള്ളുന്നു എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു എന്ന് പറഞ്ഞ് പിതാവിനെയും പുത്രനെയും നിഷേധിക്കുകയാണ് നമ്മളെ നിഷേധിക്കുന്ന ഒരുവൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാനപതികളായിട്ടാണ് പോകുന്നത് നമ്മൾ ചില രാജ്യങ്ങൾക്ക് അംബാസിഡേഴ്സ് ഉണ്ടല്ലോ സ്ഥാനപതികൾ ആ സ്ഥാനപതിയെ മറ്റൊരു രാജ്യം നിരസിച്ചാൽ ഫലത്തിൽ അതെന്തായിട്ട് കാണും ഈ സ്ഥാനപതി യുടെ മാതൃരാജ്യത്തെ തന്നെ നിരസിച്ചതായിട്ട് എടുക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ സന്ദേശവുമായി ഇന്നത്തെ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ തള്ളിക്കളഞ്ഞാൽ അത് കർത്താവിനെ തന്നെ തള്ളിക്കളയുന്നതായിട്ട് എടുക്കും എന്നുള്ള വലിയ ഉറപ്പ് ഇവിടെ നൽകിയിരിക്കുക കണ്ടോ പ്രിയപ്പെട്ടവര് നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മളെയും കർത്താവ് അയക്കുന്നു അയക്കുമ്പോൾ നമ്മൾ അതിനായിട്ട് പ്രാർത്ഥിക്കാനായിട്ടും പോകേണ്ടി വന്നാൽ പോകാനായിട്ടും നമ്മളെപ്പോഴും തയ്യാറായിരിക്കണം അതുപോലെ ചെന്നായിക്കളുടെ നടുവിൽ പ്രതിരോധമില്ലാത്ത കുഞ്ഞാടുകളെ പോലെയാണ് സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത് നമ്മൾ ദരിദ്രരാണ് എങ്കിലും പലരെയും സമ്പന്നരാക്കുകയാണ് ആവശ്യമില്ലാത്ത സമയം പാഴാക്കരുത് നമുക്ക് ലഭിക്കുന്ന പരിമിതികൾക്കകത്ത് നമ്മൾ നിൽക്കണം ഇങ്ങനെ പല തത്വങ്ങൾ നമുക്ക് പല പ്രമാണങ്ങൾ നമ്മെ സംബന്ധിച്ചെടുത്തോളൂ ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നമുക്കും എടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ നമ്മളെ സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാനപതികളാണ് നമ്മളെ സ്വീകരിക്കുന്നവർ സ്വർഗത്തെയാണ് സ്വീകരിക്കുന്നത് നമ്മളെ തള്ളിക്കളയുന്നവർ സ്വർഗത്തെ തന്നെയാണ് നിരസിക്കുന്നത് എന്നുള്ള വലിയൊരു സന്തോഷത്തോടും അധികാരത്തോടും ധൈര്യത്തോടും നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കായിരിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ അത് എഴുപത് പേരെ പല സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ മൊത്തത്തിൽ അതിൽ നിന്ന് ചില പ്രമാണങ്ങൾ എടുക്കുകയായിരുന്നു എന്നാൽ ആ കൂട്ടത്തിൽ ആ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരെണ്ണം പ്രത്യേകമായിട്ട് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ് അതിൻ്റെ എട്ടാമത്തെ വാക്യം ലൂക്കോസ് പത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എന്നിരിക്കട്ടെ കൈകൊണ്ട് നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പി എന്ന ആ വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പി നാം പലപ്പോഴും ഈ കാര്യം നമുക്കൊരു തൃപ്തിയുള്ള ജീവിതം ഉണ്ടാകണം എന്നുള്ളതിനോട് ചേർത്ത് നമ്മൾ കാണാറുണ്ട് അതായത് നമുക്കാകപ്പാടെ ഒരു ജീവിതമാണുള്ളത് ഈ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ ചിലത് വെക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താ നമ്മൾ ജനിച്ച വീട് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ ഇത് നമ്മൾ തിരഞ്ഞെടുത്തതല്ല ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചതാണ് നമ്മൾ ജീവിക്കുന്ന ആ വീടിൻ്റെ സാമ്പത്തിക നില അത് നമ്മൾ വെച്ചതല്ല നമ്മുടെ മുമ്പിൽ ദൈവം തന്നെ ആ നിലയിൽ ക്രമീകരിച്ചതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സാമ്പത്തിക നിലയാകട്ടെ നമ്മുടെ കുടുംബ ചുറ്റുപാടാകട്ടെ നമ്മുടെ ബന്ധുക്കൾ ആകട്ടെ നമ്മുടെ ആരോഗ്യമാകട്ടെ നമ്മുടെ ചില ജോലികളാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസമാകട്ടെ എന്ന് വേണ്ട ജീവിതം നമ്മുടെ മുമ്പിൽ വെച്ചേക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനോട് നമുക്ക് രണ്ട് തരത്തില് പ്രതികരിക്കാൻ കഴിയും ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ ജീവിതം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ ഭക്ഷണത്തെ നമുക്ക് തൃപ്തിയോടെ ഭക്ഷിക്കാം പരാതിപ്പെടാതെ ഇവിടെ അപ്പോൾ വായിച്ചതുപോലെ പത്തിൻ്റെ എട്ടിൽ വായിച്ചതുപോലെ നിങ്ങളുടെ മുമ്പിൽ എന്താണോ വെച്ചത് അത് ഭക്ഷിക്കുക നമ്മൾ അടുത്തിരിക്കുന്ന ആളുടെ മുമ്പിൽ എന്തൊക്കെയാണ് വെച്ചതെന്ന് നമ്മൾ നോക്കണ്ട അടുത്ത് വെച്ച ആളിൻ്റെ മുമ്പിൽ ചിലപ്പോൾ നമ്മളെക്കാൾ വിഭവങ്ങൾ ദൈവം വച്ചിട്ടുണ്ടാവും ആ വിഭവങ്ങൾ നോക്കി അതൊന്നും എനിക്കില്ലല്ലോ അത്രയും സൗകര്യം എനിക്കില്ലല്ലോ അത്രയും ചുറ്റുപാട് എനിക്കില്ലല്ലോ അത്രയും നല്ലൊരു ജോലി എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതിപ്പെടാതെ പിറുപെറുക്കാതെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പീൻ എന്നുള്ളത് കേവലം ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തിൽ നമ്മൾ കൈക്കൊള്ളേണ്ട ഒരു പ്രമാണമായിട്ട് അത് അടിമുടി ആ നിലയിൽ നമ്മൾ തൃപ്തിയോടെ എടുത്താൽ അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇന്ന് പലരും ക്രിസ്ത്യാനികളായ പലരും അല്ലെങ്കിൽ വിശ്വാസികളായ പലരും തങ്ങൾക്കുള്ളതിൽ തൃപ്തരല്ല തൃപ്തിയില്ലാത്തത് കൊണ്ടാണ് പരാതി പറയുന്നത് പെറുപെറുക്കുന്നത് അല്ലെങ്കിൽ നിഗളിക്കുന്നത് എല്ലാം ഇതിൻ്റെ പലതരത്തിലുള്ള എക്സ്പ്രഷൻസ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും അതേസമയം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് നമുക്ക് ഇത്രയും ആരോഗ്യമേ ഉള്ളൂ മറ്റൊരാൾക്ക് എതിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരോഗ്യമുണ്ട് സാരമില്ല നമ്മൾ അതിനെ തമ്മിൽ താരതമ്യം ചെയ്യേണ്ട നമ്മുടെ മുമ്പിൽ വെച്ചേക്കുന്നത് ഭക്ഷിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ നിലയിലുള്ള സൗകര്യങ്ങളാണ് ലഭിച്ചത് മറ്റൊരാളുടെ കുഞ്ഞിന് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും സാരമില്ല നമ്മുടെ മുമ്പിൽ വെച്ചത് ഭക്ഷിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഈ ഒരു കൊച്ചു പ്രയോഗം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പീൻ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ആ നിലയിലുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു നിയമമായിട്ട് നമ്മളെടുത്താൽ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വളരെ മെച്ചപ്പെടുത്തും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ ജീവിതം വളരെ തൃപ്തിയുള്ളതായിരിക്കും മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാനിടയാകും ഈ ഒരു പ്രമാണത്തെ ലംഘിച്ചാൽ നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതം ദുസ്സഹമാകും നമ്മളൊരു നല്ല മാതൃകയായിരിക്കുകയില്ല നമ്മൾ ദൈവത്തിൻ്റെ ഈ സുവിശേഷത്തിനൊരു നല്ല സാക്ഷ്യമായിരിക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് പക്ഷിപ്പി എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ അടിമുടി നോക്കേണ്ട ഒരു പ്രമാണമായിട്ട് നമുക്ക് എടുക്കാം നമ്മൾ ഇതേ കാര്യം അപ്പോ സ്ഥലപ്രവർത്തി പതിനേഴില് നമ്മളെ കാണുന്നുണ്ട് പതിനേഴിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുമ്പോൾ ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ അവന് ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെയും ഒക്കെയും ഉള്ളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ ഇതിനു വേണ്ടിയാണ് ആതിരുകളും കാലങ്ങളും നിശ്ചയിച്ചത് എന്ന് നമുക്ക് കാണാം നമ്മൾ ആ വാക്യത്തെ ഇങ്ങനെ നമുക്ക് പറയാം നമ്മൾ നമ്മളുടെ ജീവിതത്തിന് ചുറ്റും എന്തുണ്ട് കാലത്തിൻ്റെയും നിവാസത്തിൻ്റെയും ഹാബിറ്റേഷൻ്റെയും ടൈമിൻ്റെയും നമ്മൾ ഇന്നടത്ത് ജീവിക്കണം ഇന്ത്യയിൽ ജീവിക്കണം അല്ലെങ്കിൽ ഇന്ന രാജ്യത്ത് ജനിക്കണം ഇതൊന്നും നമ്മളല്ല തീരുമാനിച്ചത് ദൈവം തന്നെയാണ് നമ്മുടെ ചുറ്റും നിവാസത്തിൻ്റെയും അതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കണം കഴിഞ്ഞ നൂറ്റാണ്ടിലല്ല നമ്മൾ ജീവിച്ചത് കാലമാകട്ടെ നിവാസമാകട്ടെ ഇതിൻ്റെ അതിരുകൾ ദൈവം തന്നെയാണ് നിശ്ചയിച്ചത് എന്തിനു വേണ്ടി നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആ അതിരിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ അവിടെ ദൈവത്തെ കണ്ടെത്തണം ഇതാണ് വേണ്ടത് ആ യോ അപ്പോ സ്ഥലപ്പുറത്തി പതിനേഴിൻ്റെ വാക്യങ്ങളിൽ ഇതേ കാര്യം തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് പക്ഷിപ്പീൻ എന്നുള്ള കാര്യമാണ് പറയുന്നത് യോ ഇയോബ് പതിമൂന്നിന്റെ ഇരുപത്തി ഏഴ് നോക്കുക ഇവിടെ പറഞ്ഞേക്കുന്ന അതായത് അപ്പൊസ്രപ്രവൃത്തി പതിനേഴിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തേഴിൽ പറഞ്ഞിരിക്കുന്ന അവൻ നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരു വര എന്നുള്ളത് കാലത്തിൻ്റെയും അതുപോലെ തന്നെ നിവാസത്തിൻ്റെയും ഒരു അതിരെ വരച്ചിട്ടുണ്ട് എന്നുള്ളത് ഇയോബിന്റെ പുസ്തകം പതിമൂന്നിൻ്റെ ഇരുപത്തേഴിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ കാലടികളുടെ ചുറ്റും അവൻ വര വരയ്ക്കുന്നു അപ്പൊ എന്താണ് നമ്മള് നമ്മുടെ ബൗണ്ടറീസ് അടയാളപ്പെടുത്തി ദൈവം ഒരു വൃത്തം നമുക്ക് ചുറ്റും വരച്ചിട്ടുണ്ട് അതിനുള്ളിൽ തൃപ്തിയോടെ ഇരിക്കുകയാണ് നമ്മൾ വേണ്ടത് അതിൽ നിന്ന് പുറത്തു പോകാനായിട്ട് നമ്മളായിട്ട് ശ്രമിക്കുകയും ആ മുന്നോട്ട് നമ്മൾ അങ്ങനെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും പാപമായി തീരാ ആദിമ പാപം നമുക്കറിയാമല്ലോ ഈ പുസ്തകം പതിനാലാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങള് ലൂസിഫർ എങ്ങനെയാണ് പിശാചായി തീർന്നത് ദൈവം ആ ലൂസിഫറിനെ ആക്കി വെച്ചെടുത്ത് അവന്റെ മുമ്പിൽ വെച്ചത് ഭക്ഷിപ്പാൻ അവന് തൃപ്തിയില്ലാതെ അവനെ ആക്കി വെച്ചെടുത്ത് തൃപ്തിയില്ലാതെ ഞാൻ സ്വർഗത്തിൽ കയറും ഞാൻ മേഘോന്നതങ്ങൾക്കുമീതേ ഇരിക്കും എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ആ സിംഹാസനം പിടിച്ചെടുക്കാനായിട്ട് അവൻ തനിക്ക് ചുറ്റുമുള്ള വൃത്തത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ ശ്രമിച്ചപ്പോഴാണ് പാപമുണ്ടായത് ഏസ്കലിന്റെ പുസ്തകം ഇരുപത്തിയെട്ടിലും പതിമൂന്ന് പതിനേഴിലും നമ്മൾ ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവര് ദൈവം കൊടുത്ത പത്ത് കൽപ്പനകൾ എന്താ പത്ത് കല്പനകൾ കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് എന്ന് പറയുന്നതും നമുക്ക് ദൈവം വെച്ചേക്കുന്ന ചില പരിമിതിക്കകത്ത് ഒതുങ്ങി നിക്കണം എന്നുള്ളതാണ് പത്ത് കൽപ്പനകളും പുറപ്പാട് പുസ്തകം ഇരുപതിലെ വിവരിച്ചിരിക്കുന്നത് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പലയിടങ്ങളിലെ പറയുന്നുണ്ട് നമ്മളെ ആക്കി വെച്ചെടുത്ത് തൃപ്തരായിട്ടിരിക്കുക ഒന്ന് നിയമത്തിയോ സാറിൻ്റെ ആറ് അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു അലംഭാവം എന്ന് വെച്ചാൽ തൃപ്തി മതി എന്ന ഭാവം ഏ തൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ ആദായമാണ് അപ്പോൾ തൃപ്തിയില്ലാത്ത ദൈവഭക്തി എന്താ അത് ആദായമല്ല അത് നഷ്ടമാണ് എന്നവിടുന്ന് വ്യക്തമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം പതിനൊന്ന് പതിമൂന്ന് വാക്യങ്ങളിൽ പൗലോസ് സ്വന്തം അനുഭവം പറയുക ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിൽ ഇരുപ്പാനും സമൃദ്ധിയിൽ ഇരിക്കാനും എനിക്കറിയാം ഞാനത് ശീലിച്ചിരിക്കുന്നു ആ ഫിലിപ്പിയർ നാലിൻ്റെ പതിനൊന്ന് പതിമൂന്ന് നോക്കുക അവിടെ പഠിച്ചിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ശീലിച്ചിരിക്കുന്നു അപ്പം ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ശീലിക്കേണ്ട ഒരു കാര്യമാണ് ഏത് നമുക്ക് ചുറ്റുമുള്ള ആ വൃത്തത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ചത് മാത്രം ഭക്ഷിക്കുക അടുത്തിരിക്കുന്നവൻ്റെ ഇലയിലേക്ക് നോക്കാതിരിക്കുക അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി ഉള്ളവരായിരിക്കുക എന്ന് പറയുന്നത് പഠിക്കുകയും അറിയുകയും ശീലിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള നമ്മുടെ മേലെ പരിമിതികൾ കൊണ്ടുവരുന്ന പല അധികാരങ്ങളൊക്കെ ഉണ്ടാവും ചിലര് ഈ ലോകത്തിൻ്റെതായ അധികാരങ്ങളായിരിക്കും പക്ഷെ അതിനും നമ്മൾ എന്ത് വേണം അതിൻ്റെയും അതിനും കീഴടങ്ങി ആ പരിമിതിക്കുള്ളിൽ നമ്മൾ നിൽക്കണം റോമർ പതിമൂന്നിൻ്റെ ഒന്ന് നോക്കുക ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് ചുരുക്കത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇലയിൽ വിളമ്പിയത് നമ്മൾ ഭക്ഷിക്കണം നമ്മുടെ ചുറ്റും എൻ്റെ നമ്മുടെ കാലടികളുടെ ചുറ്റും വരച്ചിരിക്കുന്ന വരയുടെ വൃത്തത്തിനുള്ളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കണം അതിന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അത് പാപമായി തീരും ലൂസിഫർ പിശാജായത് അങ്ങനെയാണ് പത്ത് ഈ നമ്മുടെ ചുറ്റുമുള്ള ആ വൃത്തത്തെയാണ് കാണിക്കുന്നത് അതിന് പുറത്തു പോയാൽ പാപമായി ഒന്ന് തീമത്തിയോ സാറിൻ്റെ ആറില് തൃപ്തിയോടുകൂടിയ ദൈവഭക്തി വേണമെന്ന് പറയുന്നു പൗലോസ ഫിലിപ്പിയർ നാലിൻ്റെ പതിനൊന്ന് പതിമൂന്നില് താൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നും താൻ ശീലിച്ചിട്ടുണ്ടെന്നും പറയുന്നു അതുകൊണ്ട് നമ്മളും തൃപ്തിയോടു കൂടിയ ഒരു ദൈവഭക്തിയാണ് നമുക്ക് ആവശ്യം എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ തൃപ്തിപ്പെടരുത് എന്ന് വെച്ചാൽ എന്താ നമ്മൾ എത്തുപെട്ടിരിക്കുന്ന ഒരു ആത്മീയ അവസ്ഥ ഉണ്ടാവും അത് മതി ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ നമ്മൾ തൃപ്തിപ്പെടരുത് മറിച്ച് എന്ത് വേണം നമ്മൾ ആത്മാവിൽ ദരിദ്രനായിട്ടിരിക്കണം മത്തായി അഞ്ചിൻ്റെ മൂന്ന് ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ആയിരിക്കുന്നിടത്ത് ദൈവമേ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞ് വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് കൂടുതൽ ആൽമീകമായ അനുഭവം വേണം എനിക്ക് ആ നിലയില് കൂടുതൽ സ്നേഹം വേണം കൂടുതൽ ദൈവമേ എനിക്ക് താഴ്മ വേണം എന്ന് പറഞ്ഞ് ആൽമീകാര്യങ്ങളിൽ മാത്രം നമുക്ക് ഈ തൃപ്തിയില്ലാതെ വീണ്ടും വീണ്ടും ആത്മാവിലെ ദരിദ്രനെ പോലെ ദൈവത്തെ ആശ്രയിക്കുകയാണ് വേണ്ടത് കണ്ടോ അപ്പോൾ നമ്മുടെ ചു നമുക്ക് മുമ്പിൽ വിളമ്പിയിരിക്കുന്നത് ഭക്ഷിക്കുക ഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കണം എന്നാൽ ആത്മീയ കാര്യങ്ങളിലോ നമ്മൾ ആ എത്തുപെട്ടിരിക്കുന്ന ആത്മീയ അവസ്ഥയിൽ തൃപ്തിയില്ലാതെ ദയമേ എന്നെ വലിയ ആത്മീയമായ ഔന്നത്യങ്ങളിലേക്ക് നയിക്കണേ എന്ന നിരന്തരമായ പ്രാർത്ഥനയും അപേക്ഷയും ഉള്ളവരായി നമ്മളായിരിക്കുകയും വേണം കർത്താവ് നൽകിയ വലിയ ദൗത്യവുമായിട്ട് ഇസ്രായേൽ നാടിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് പോയ ആ എഴുപത് പേര് മടങ്ങി കർത്താവിൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവർ വന്ന് കർത്താവിനോട് പറഞ്ഞു കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് സന്തോഷത്തോടു കൂടെ പറഞ്ഞു ഉടനെ കർത്താവ് പറയുന്ന ഒരു കാര്യം നോക്കുക അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം പത്താമധ്യായം ലൂക്കോസ് പത്തിൻ്റെ പത്തൊൻപത് ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു അവിടെ ബലം അധികാരം പവർ ആൻഡ് അതോറിറ്റി രണ്ട് വാക്കുകൾ നമ്മൾ കാണുന്നു ഇതേ കാര്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം കഴിഞ്ഞയാഴ്ച അതിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ് പന്തിരുവരെ കർത്താവ് അടുക്ക വിളിച്ച് അവരെ പല സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ കർത്താവ് എന്തു കൊടുത്തു അവർക്ക് പവർ ആൻഡ് അതോറിറ്റി ശക്തിയും ധികാരവും കൊടുത്തു ശക്തിയും അധികാരവും അവർക്ക് കൊടുത്തു ഈ എഴുപത് പേർക്കും കർത്താവ് അതുപോലെ തന്നെ ശക്തിയും അധികാരവും കൊടുത്താണ് അയച്ചത് പോയി ആ ശുശ്രൂഷ നിർവഹിച്ചപ്പോൾ എന്താ കർത്താവ് തന്നെ ഇവിടെ ഇരുന്ന് താന് ആകാശത്തു സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പോയ ആ ശുശ്രൂഷ നിങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റിയത് ഞാൻ മനസ്സിലാക്കുന്നു എന്നിട്ട് കർത്താവ് പത്തൊൻപതിൽ പറയുന്നു ശത്രുവിൻ്റെ സകല ബലത്തെയും അപ്പം ഇവിടുത്തെ ഈ പവർ എന്ന് പറയുന്നത് ശത്രുവിൻ്റെ പവറാണ് ഈ ശത്രുവിൻ്റെ പവറിനെ ചവിട്ടുവാനുള്ള അതോറിറ്റി ഞാൻ നിങ്ങൾക്ക് തരുന്നു അപ്പം കണ്ടോ ആദ്യം തന്നെ ഇവർക്ക് അവരുടെ ജീവിതത്തിൽ വേണ്ട അധികാരവും ശക്തിയും കൊടുത്തു എന്നിട്ട് ഇവിടെ ഇവിടെ പറയുന്നു എന്താ ശത്രുവിൻ്റെ ശക്തിയെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നിങ്ങൾക്ക് തരുന്നു ഇത് എന്താണെന്നൊരു വ്യക്തത കുറവ് ഉണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണം ബൈബിളിലൂടെ ഇതിൽ നമ്മൾ സാക്ബേറെ എഴുതിയിരിക്കുന്നത് നമ്മൾ നമുക്ക് കാണാനായിട്ട് കഴിയും അതായത് ഈ ശത്രുവിന് എന്തുണ്ട് ശത്രുവിന് ബലമുണ്ട് പക്ഷേ നമുക്കെന്തുണ്ട് അധികാരമുണ്ട് എന്ന് വെച്ചാൽ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വലിയ ട്രക്ക് വലിയ ട്രക്ക് നിറയെ സാധനങ്ങളുമൊക്കെ കയറ്റി ഓടിച്ചു ഒരു കൊച്ചു പോലീസുകാരൻ നിന്ന് കൈ കാണിക്കുമ്പോൾ സ്റ്റോപ്പെന്ന് കാണിക്കുമ്പോൾ ആ വലിയ ട്രക്ക് നിൽക്കുന്നു ട്രക്കിന് എന്തുണ്ട് ട്രക്കിന് ശക്തിയുണ്ട് ബലമുണ്ട് പക്ഷെ അധികാരമാർക്കാണ് അധികാരം പോലീസുകാരനാണ് അപ്പോൾ ബലത്തെ കീഴടക്കുന്ന അധികാരം ശത്രു പലതരത്തിലുള്ള ബലങ്ങളുമായിട്ട് നമ്മുടെ നേരെ നമ്മുടെ കുടുംബത്തിന് നേരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ നമ്മുടെ സഭയുടെ നേരെ അവനവൻ്റെ വലിയ ബലവുമായിട്ട് വന്നെന്നിരിക്കാം പക്ഷേ ആ ട്രാഫിക് പോലീസുകാരന് സർക്കാർ കൊടുത്ത അധികാരം പോലെ ദൈവം നമുക്ക് തന്ന അധികാരത്തിൽ നമ്മൾ സ്റ്റോപ്പ് എന്ന് കാണിച്ചാൽ പിശാജിന്റെ ആ ശക്തി ബലം അവിടെ നിൽക്കും അതുകൊണ്ടാണ് യാക്കോബിൻ നാലാം അധ്യായത്തിന്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നത് ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാജിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും പിശാജ് തീർച്ചയായിട്ടും ശക്തിയുള്ളവനാണ് ബലമുള്ളവനാണ് പക്ഷേ എളിയവരായ വിശ്വാസികളായ നമ്മള് ദൈവത്തിന് കീഴടങ്ങി ആ ഒരു ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ള അടിത്തറയിൽ നിന്നുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിന്നാലോ അവനോട് സ്റ്റോപ്പ് എന്ന് കാണിച്ചാലോ അവൻ നമ്മെ വിട്ട ഓടിപ്പോകും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നോക്കുക നമുക്ക് ദൈവം പവറും അതോറിറ്റിയും നമുക്കായിട്ട് തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല പിശാജിന്റെ പവറിനെ ഇല്ലായ്മ ചെയ്യാൻ നള്ളിഫൈ ചെയ്യാനുള്ള അതോറിറ്റിയും ഇവിടെ ദൈവം നമുക്ക് തന്നതായിട്ട് ഈ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോ ഈ എഴുപത് പേര് സന്തോഷത്തോടെ കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോ കർത്താവ് അതിനെ തുടർന്ന് ഇരുപതാമത്തെ വാക്യത്തിൽ അവർക്ക് അവരോട് പറയുന്നു നിങ്ങളെ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ ആണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങൾ എന്തിൽ സന്തോഷിക്കണ്ട ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ സന്തോഷിക്കണ്ട എന്ന് ഇവിടെ പറയുന്നു കണ്ടോ ഇവിടെ സന്തോഷിക്കണ്ട എന്ന് പറയുന്ന ഏകഭാഗമാണിത് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുള്ളത് കർത്താവ് അതുപോലെ തന്നെ സന്തോഷിപ്പാനാണ് പറഞ്ഞിട്ടുള്ളത് എപ്പോൾ എപ്പോഴും എന്നാൽ ചില കാര്യങ്ങളിൽ സന്തോഷിക്കരുത് അങ്ങനെ സന്തോഷിക്കരുതെന്ന് പറഞ്ഞ ഒരു കാര്യം എന്താ നമ്മുടെ ആത്മീയമായ പ്രവർത്തനത്തിൽ അല്ലെ പിശാചി നമുക്ക് കീഴടങ്ങുന്നു എന്ന് കാണുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സന്തോഷിക്കുകയും പുകഴുകയും ചെയ്യരുത് നമ്മൾ ചെയ്ത കാര്യത്തിലല്ല നമ്മൾ സന്തോഷിക്കേണ്ടത് മറിച്ച് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യത്തിലാണ് സന്തോഷിക്കേണ്ടത് അവിടെ അതാണല്ലോ പറയുന്നത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നമ്മൾ ചെയ്ത കാര്യത്തിലല്ല സന്തോഷിക്കേണ്ടത് മറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേരെവിടെ എഴുതി സ്വർഗ്ഗത്തിൽ എഴുതി അത് ദൈവം ചെയ്ത ഒരു കാര്യമാണ് അതുകൊണ്ട് അതിലാണ് സന്തോഷിക്കേണ്ടത് ഇവിടെ പത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം മെസ്സേജ് ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോട്ട് വാട്ട് വി ഡൂ ഫോർ ഗോഡ് ബട്ട് വാട്ട് ഗോഡ് ഡസ് ഫോർ അസ് ഷുഡ് ബി വാട്ട് വി റിജോയ്സ് ഇറ്റ് നമ്മൾ സന്തോഷിക്കേണ്ടത് നമ്മൾ ചെയ്ത ആത്മീയമായ വലിയ പ്രവർത്തനങ്ങളിലല്ല മറിച്ച് ദൈവം നമ്മുടെ പേര് സ്വർഗത്തിലെഴുതിയിരിക്കുന്നു അയ്യോ നമ്മളെ ദൈവം സ്വീകരിച്ചിരിക്കുന്നു കണ്ടോ അതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് എന്നാ പറഞ്ഞിരിക്കുന്നു അപ്പം ചിലതിൽ സന്തോഷിക്കാതിരിക്കുക മറ്റിതിൽ സന്തോഷിക്കുകയും വേണം ഈ രണ്ട് കാര്യങ്ങളും കൂടെയാണ് ആ ഇരുപതാമത്തെ വാക്യത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നിഗളമില്ലാതെയും അതേസമയം മറുവശത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് മുന്നോട്ട് പോകാൻ ഈ ഇരുപതാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ സന്തോഷിക്കാതെയും ദൈവം ചെയ്ത പ്രവർത്തനത്തിൽ സന്തോഷിച്ചും മുന്നോട്ട് പോകുന്ന ആ ഒരു പ്രമാണമാണ് നമ്മൾ എടുക്കേണ്ടത് ഇതാർക്കേ എടുക്കാനൊക്കെ ഉള്ളു അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറയുന്നു നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തല്ലോ അതേ പിതാവേ നിനക്ക് ഇങ്ങനെ പ്രസാദം തോന്നിയല്ലോ പ്രിയപ്പെട്ടവരെ ഇത് ലോകത്തിന് മനസ്സിലാകുന്ന ഒരു വഴിയല്ല കണ്ടോ വലിയ ഭൂതങ്ങളെയൊക്കെ കീഴടക്കുന്നതിലല്ലേ സത്യത്തെ സന്തോഷിക്കേണ്ടത് വലിയ പ്രവർത്തനം ചെയ്തതിലല്ലേ സന്തോഷിക്കേണ്ടത് അതിനു പകരം നമ്മൾ രക്ഷിക്കപ്പെട്ടു നമ്മുടെ പേര് സ്വർഗത്തിലെഴുതി ആ ഒരു ഒരു പ്രാഥമികമായ കാര്യത്തിൽ മാത്രം നമ്മൾ സന്തോഷിക്കുക ദൈവം ചെയ്ത കാര്യത്തിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പം ലോകത്തിനോ ആ ലോകത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസഗോളത്തിനോ ഇത് മനസ്സിലാവുകയില്ല എന്നാൽ ആർക്കും മനസ്സിലാകും ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്കും വെളിപ്പെടുത്തി അതുകൊണ്ട് നമുക്കൊരു ശിശുവിൻ്റെ ഹൃദയത്തോടെ മുന്നോട്ടു പോയാലേ ഈ ദൈവീകമായ വഴിയിൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യമാണ് അവിടെ വ്യക്തമാകുന്നത് ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് മാർത്തയുടെയും മറിയയുടെയും സംഭവമാണ് അതിൻ്റെ മുപ്പത്തി വാക്യം മുതൽ നാൽപ്പത്തി വരെ മാർത്ത ശുശ്രൂഷയിൽ വളരെ കുഴങ്ങി കണ്ടോ നമ്മളിപ്പൊ ചിന്തിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത് മാർത്തയ്ക്ക് ശുശ്രൂഷയായിരുന്നു പ്രധാനം എന്നാൽ മറിയയ്ക്കോ മറിയ കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന് കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു നമ്മൾ ഓർക്കേണ്ട പല കാര്യങ്ങളുണ്ട് പലപ്പോഴും പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മളെ ചിലപ്പോൾ ഒരു അഹന്തയിലേക്കോ സ്വന്തം പ്രാധാന്യത്തിലേക്കോ കൊണ്ടുപോകാം എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്നതാണ് പ്രവർത്തനത്തെക്കാൾ പ്രധാനം ഇതാണ് പത്തിൻ്റെ നാൽപ്പത്തി രണ്ട് നമ്മളോട് പറയുന്നത് നമ്മുടെ കർത്താവ് ശുശ്രൂഷയേക്കാൾ നമ്മൾ അവിടുത്തേക്ക് വേണ്ടി ചെയ്യുന്ന വലിയ ശുശ്രൂഷയേക്കാൾ ഉപരി സ്നേഹത്തെയാണ് കർത്താവ് വിലമതിക്കുന്നത് ശുശ്രൂഷ ചിലപ്പോൾ നമ്മളെ ഒരു അഹന്തയിലേക്ക് കൊണ്ടുപോകും ഒരു അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു നമ്മുടെ പ്രാധാന്യത്തെ നമ്മളിൽ തന്നെ നമുക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ടെന്ന് ചിന്തിക്കാനൊക്കെ ഇടയാകും എന്നാൽ കർത്താവിനോടുകൂടെ നല്ല അംശം തെരഞ്ഞെടുത്ത് കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ പാതപീഠത്തിൽ ഇരിക്കുകയാണ് നല്ലത് പ്രിയപ്പെട്ടവരെ നമ്മളെ മാർത്തയിൽ നിന്ന് മറിയയിലേക്ക് രൂപാന്തരപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ ആഗ്രഹം അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലർക്ക് വ്യത്യസ്തമായ പല വിളികളുണ്ടാകാം എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിശുവിൻ്റെ മനോഭാവം ഉണ്ടെങ്കിലേ കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ ആ കാൽക്കല് സ്വസ്ഥതയോടെ ഇരുന്ന് അവനിൽ നിന്ന് കേട്ട് അങ്ങനെ നിൽപ്പാൻ ആ ഒരു വിളി അതിൻ്റെ ആ മറിയയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ആ മാതൃക അതിൽ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ക്രിസ്തീയ കോളത്തിലും കുറച്ചു പേര് മാത്രമേ കാണുകയുള്ളൂ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളി അതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് പറയും മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അല്പമേ വേണ്ടു അല്ല ഒന്നു മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരോടും ആരും അവളോട് അപഹരിക്കുകയില്ല ഒന്ന് കോരിന്തേർ നാലിൻ്റെ രണ്ടിൽ നമ്മൾ ആ കാര്യം കാണുന്നുണ്ട് അതായത് നമ്മൾ അങ്ങനെ കർത്താവിനായിട്ട് തൃപ്തിയോടെ ജീവിക്കുമ്പോൾ ഈ കാര്യം നമ്മളിൽ നിന്ന് ആർക്കും അപഹരിക്കാനായിട്ട് കഴിയുകയില്ല നമ്മൾ ഈ കാര്യത്തിൽ വിശ്വസ്തരായിട്ട് നിൽക്കണം ഒന്ന് കോരിന്തേർ നാലിൻ്റെ രണ്ട് ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത് അത്രേ അപ്പൊ നമ്മളെ ഈ കാര്യത്തിനായിട്ടാണ് കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ പാതപീഠത്തിലിരിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളതെങ്കിൽ മറിയയുടെ ആ വിളിയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ അതിൽ എന്ത് വേണം അതിൽ വിശ്വസ്തരായിട്ടിരിക്കണം കർത്താവ് അതിനെ അഭിനന്ദിക്കും നമ്മളല്ലാതെ പല സ്ഥലങ്ങളിൽ ഓടി നടക്കുകയല്ല വേണ്ടത് ഈ വാക്യം തന്നെ ഒന്നുകോരിന്തർ നാലിൻ്റെ രണ്ട് വേറൊരു വേർഷനി പറയുന്നത് ദാസനെ സംബന്ധിച്ച് അതിപ്രധാനമായ കാര്യം തൻ്റെ യജമാനൻ കൽപ്പിക്കുന്നത് മാത്രം ചെയ്യുന്നതാണ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതല്ല കണ്ടോ വിശ്വസ്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ യജമാനെ ശ്രദ്ധിച്ച് യജമാനൻ കൽപ്പിക്കുന്ന മാത്രം ചെയ്യുന്നതാണ് അങ്ങനെ വിശ്വസ്തരായിട്ടിരുപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു നമുക്ക് നമ്മുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കി നമുക്ക് ഈ കാലഘട്ടത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ